നവമലക്ഷണം സതിബദ്ധ വ്യവഹാര സജാതീയപരാനപേക്ഷത്വം കഴിഞ്ഞോ സ്വപ്രതിബദ്ധ വ്യവഹാരെ സജാതീയ പര അനപേക്ഷത്വം എന്താണ് പ്രശ്നം വ്യവഹാരത്തില് സജാതീയത്വം വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ് വ്യവഹാരത്തിൽ വരേണ്ടതെന്നാണ് ശരിക്കും അനുപേക്ഷത്വ അതാണ് വരേണ്ടത് വ്യവഹാരത്വത്തിൽ ഇനി ഒരാൾക്ക് സംശയം തോന്നാം ഇവിടെ സജാതീയപരാനുപേക്ഷത്വം വ്യവഹാരത്തിലാണോ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സ്വപ്രതിബദ്ധ വ്യവഹാര സ്വസജാതീയപരാനുപേക്ഷത്വം എന്ന് പറഞ്ഞു അപ്പൊ സ്വപ്രതിബന്ധ വ്യവഹാരത്തിൽ സ്വസജാതിയ പര അന്വേഷണം അപ്പൊ സ്വകൊണ്ട് ഏതിനെടുക്കാൻ പറ്റൂ ആണോ ഏതിനെടുക്കാൻ പറ്റൂ ആണോ എടുക്കുന്നത് സ്വപ്രതിബദ്ധ വ്യവഹാരം ഏ സ്വസാതിയോ എന്ന് പറയുമ്പോ ഏതിനെടുക്കും സ്വേനെ എടുക്കാൻ പറ്റും ഏതിലാണോ ഏത് സംബന്ധിയായിട്ടാണോ വ്യവഹാരം നടക്കുന്നത് അതിനെ സ്വപഥം കൊണ്ടെടുക്കണം അപ്പൊ സ്വപ്രതിബന്ധ വ്യവഹാരം അതിൽ സ്വസജാതീയ പരാനപേക്ഷത്വം അങ്ങനെ വരും അപ്പൊ അതിന് നമ്മള് ലക്ഷണം സമന്വയിപ്പിച്ചപ്പോ സ്വപ്രതിബന്ധ വ്യവഹാരേ സജാ സജാതീയ പരാനപേക്ഷത്വം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതനുസരിച്ച് വ്യവഹാരത്തിലെ സമന്വയിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് വ്യവഹാരത്തിൽ സമന്വയിച്ചു കഴിഞ്ഞാൽ സോയിൽ ലക്ഷണം സമന്വയിക്കില്ല സോയിൽ ലക്ഷണം സമന്വയിച്ചില്ലെങ്കിൽ ലക്ഷ്യത്തിലെ ലക്ഷണം സമന്വയിക്കില്ല ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിച്ചില്ലെങ്കിൽ അസംഭവദോഷം വരും ഒരിടത്തും അസംഭവദോഷം വരുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രതിപാദു ഘടാദൂജ ഭാവേന അതിവ്യാപ്തേ ഹെ അതിവ്യാപ്തി ദോഷം അങ്ങനെ പറയും അതിവ്യാപ്തി ദോഷം പറയാൻ കഴിയത്തില്ല മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് ഇന്ന് വിശദീകരിക്കുകയാണ് പുതിയതായിട്ടൊന്നും പറയുന്നില്ല സ്വപ്രതിബദ്ധ വ്യവഹാരേ സജാതീയപര അനുപേക്ഷത്വം എന്ന് പറയുന്നിടത്ത് സ്വപ്രതിബദ്ധ വ്യവഹാരത്തിൽ അനുപേക്ഷത്വം വന്നു കഴിഞ്ഞാൽ ലക്ഷണം സമന്വയിക്കുന്നത് വ്യവഹാരത്തിലായിരിക്കും വ്യവഹാരത്തിൽ ലക്ഷണം സമന്വയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നില്ല അപ്പോൾ ഇത് ലക്ഷ്യത്തിൻ്റെ ലക്ഷണമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു അസംഭവം വരും പക്ഷെ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രതീപാദോ ഘടാതു ഭാവേന അതിവ്യാപ്തി സാധ്യതയില്ല അതിവ്യാപ്തി അവ്യാപ്തി ഒന്നും വരാൻ പാടില്ല ഇതുവരെ പറഞ്ഞ ലക്ഷണങ്ങളല്ല കേ എന്താണോ സുസജാതീയ പ്രകാശ അപ്രകാശ്യത്വം എല്ലായിടത്തും ലക്ഷണം സമന്വയിക്കുന്ന സോയിലാണ് അല്ലേ സ്വസജാതീയ പ്രകാശ അപ്രകാശ്യത്വ സ്വയിൽ വരും അവിടെയാണ് വരേണ്ടത് പക്ഷെ ഇവിടെ മാത്രം എന്ത് ചെയ്തു സോയിലല്ല സമന്വയിക്കുന്നത് വ്യവഹാരത്തിലാണ് സമീപിക്കുന്നത് അതായതിപ്പോ സ്വച്ഛ സ്വപ്രകാശ സ്വ പ്രകാശം അത് പ്രകാശസ്വ ആയിരിക്കണം അവർ സ്വത്വീതി പ്രകാശത്വം എന്നുവെച്ചാൽ സ്വത്ത് എവിടെ വരുന്ന അവിടെ തന്നെ പ്രകാശത്വം വരണം എല്ലായിടത്തും ലക്ഷണം സമന്വയിക്കുന്നത് സ്വതന്നെ വരണം പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ ഉണ്ടോ കൊടുത്തിരിക്കുന്നത് എന്താണോ സ്വപ്രതിബദ്ധരെ സജാതിപര അനുപേക്ഷത്വം എന്ന് പറയുന്നത് സോയിൽ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല എവിടെ വന്നു ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഗന്ധവത്വം പ്രതിവ്യാഹലക്ഷണം എന്ന് പറയേണ്ടതിന് പകരം ഗന്ധത്വം പ്രതിവ്യാഹലക്ഷണം എന്ന് പറയുമ്പോലെയാണ് ഗന്ധത്വം പ്രതിവ്യാഹ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗന്ധത്വം പൃഥ്വിയാഹ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഗന്ധത്വം എന്ന് പറഞ്ഞാൽ ഗന്ധമാണോ ഗന്ധവും ഗന്ധത്വവും ഒന്നാണോ ഗന്ധത്വം എന്താണ് ഗന്ധമെന്ന് പറയുന്നത് എന്താ ഗുണം ഗന്ധത്വം ജാതിയും ഗന്ധം അപ്പം ഗന്ധത്വം പൃഥ്വിയുടെ ലക്ഷണമാകും എന്തുകൊണ്ടതെവിടെയിരിക്കുന്നു ഗന്ധത്തിൽ അപ്പം ഗന്ധത്വം പൃഥ്വി ലക്ഷണം എന്ന് പറഞ്ഞാൽ ശരിയാവും അപ്പൊ സ്വയിലെ ലക്ഷണ സമന് സ്വയ്ക്ക് ലക്ഷണം പറയേണ്ടതിന് പകരം സ്വ വ്യവഹാരത്തിൽ പറഞ്ഞു അപ്പോ വ്യവഹാരത്തിൽ എന്തുവന്നു ത്വം വന്നു പൃഥിവിയിൽ വരേണ്ടത് എവിടെ വന്നു ഗന്ധത്തിൽ വന്നു അല്ലേ അങ്ങനെ പറഞ്ഞെന്തായിരിക്കും അർത്ഥം ഞങ്ങനെ പറഞ്ഞിരിക്കട്ടെ ഗന്ധത്വം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഗന്ധത്വ അവിന്നാണ് ഗന്ധത്വ അവചിന്നം എന്താ അങ്ങനെ പറയുന്നത് ഗന്ധമെന്ന് പറയുന്നതിന് പകരം ഗന്ധത്വം എന്ന് പറയുന്നത് എല്ലാ ഗന്ധങ്ങളെയും ഉൾപ്പെട്ട ആ അതിന് വേണ്ടിയിട്ടാണ് ഗന്ധമെന്ന് പറഞ്ഞാൽ ഗന്ധവ്യക്തിയെടുക്കണം ഗന്ധത്വ അവിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗന്ധങ്ങളെയും എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഗന്ധത്വ അവിന്നം എന്ന് പറഞ്ഞാലും ഗന്ധത്വം എന്ന് പറഞ്ഞാൽ അതാണ് വിവക്ഷിതം അപ്പൊ ഇവിടെ ലക്ഷണം പറയുന്നത് എന്താണോ സജാതീയ പര അനപേക്ഷത്വവിശിഷ്ട എന്താണോ സ്വപ്രതിബദ്ധ വ്യവഹാരം ഇതാണ് ലക്ഷണം വ്യവഹാരത്തിൽ ഒരു വൈശിഷ്ട്യം എന്താണ് ലക്ഷണം സര സജാതീയ പര അനപേക്ഷത്വവിശിഷ്ട വ്യവഹാരം കസ്യ വ്യവഹാരം സ്വസ്യ വ്യവഹാരം അപ്പൊ സജാതീയ പര അനപേക്ഷത്വവിശിഷ്ട വ്യവഹാരം അപ്പൊ അനപേക്ഷത്വം വ്യവഹാരത്തിൽ വന്നുകൊണ്ടാണ് വ്യവഹാരം അനപേക്ഷത്വവിശിഷ്ടമായത് അതിന് വേറെ നോക്കു പറയാം എന്താണ് അനവേഷത്വഅവച്ഛിന്നം എന്നും പറയാം അനവേഷത്വ അവിന്നത് അതാ വ്യവഹാരമാണ് ലക്ഷണം ഏതിന്റെ സോയിടെ മനസിലായോ വ്യവഹാരമാണ് ലക്ഷണം ഇവിടെ അത് എങ്ങനെയുള്ള വ്യവഹാരം സജാതീയ പര അനപേക്ഷത്വഛഛന്ന വ്യവഹാരം സ്വവ്യവഹാരം അതെന്തിട്ട ലക്ഷണമായി സ്വായിട്ട് അപ്പോൾ ബന്ധമാണ് പൃഥ്വിയുടെ ലക്ഷണമെന്ന് പറയുമ്പോഴായി എന്ന് വെച്ചാൽ എപ്പോഴും ലക്ഷ്യവും ലക്ഷണവും തമ്മിലൊരു ഭേദം വേണം ലക്ഷണം ലക്ഷ്യത്തിൽ തന്നെ ഇരിക്കുന്നത് എന്നാലും ഒരു ഭേദമുണ്ട് എന്താ ഇവിടുത്തെ ഭേദം ലക്ഷ്യമെന്ന് പറയുന്നത് പൃഥിവിയെ സംബന്ധിച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് ദ്രവ്യവും ലക്ഷണമെന്ന് പറയുന്ന ഒരു ഗുണമാണ് സാസനാദിമത്വം ഗോഹോ ലക്ഷണം ലക്ഷ്യം എന്ന് പറയുന്നത് അവയവയും സാസനാദി എന്ന് പറയുന്നത് അവയവം ഒരു ഭേദമുണ്ട് എന്നാൽ രണ്ടു ഒന്നല്ലേന്ന് ചോദിച്ചതാണ് പക്ഷെ ഭേദമുണ്ടെന്നാണ് അവയവ അവയ ഇതുപോലുള്ള ഭേദം ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ വേണം അപ്പോ ഇവിടെ എന്താണ് സ്വസംബന്ധ സ്വപ്രതിബദ്ധ വ്യവഹാര വ്യവഹാരത്വാപച്ചിന്നം ആയെന്ത് സ്വായ രക്ഷണം അതിനാവരുന്ന വ്യവഹാരത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സജാതീയപര അനപേക്ഷത്വമാണ് വ്യവഹാരത്വം എന്ന് പറയുന്നത് എന്തിനാണെന്ത് സജാതീയ പര അനുപേക്ഷത്വം അപ്പൊ സജാതീയ പര അനുപേക്ഷത്വാവുന്ന വ്യവഹാരം സ്വായുടെ ലക്ഷണമായി ഇങ്ങനെ പറയുന്നിടത്തും കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ഇവിടെ പറഞ്ഞു ഒന്ന് പ്രദീപത്തിൽ അധിവ്യാപ്തി മറ്റൊന്ന് ഘടാദി ഈ ഘടാതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണോ എന്തുമാകാം എന്തിനും വരാം അതാണ് ഈ ഘടാതി എന്ന് പറഞ്ഞ ഒരു കുഴപ്പം ഇപ്പൊ ഘടത്തെ എടുക്കുക സ്വപ്രതിബദ്ധ വ്യവഹാരം ഘടജ്ഞാനം സജാതിയുമായി ഗോ എങ്ങനെ സത്തയിലൂടെ അല്ലെങ്കിൽ ദ്രവ്യത്തിലൂടെ സജാതീയപരമായ ഗോ അതിനപേക്ഷിക്കുന്നുണ്ട് ഘടവ്യവഹാരം സജാതീയമായ ഗോവിനെ അപേക്ഷിക്കുന്നുണ്ട് അപ്പൊ സജാതീയപര അനുപേക്ഷത്തും ഘടജ്ഞാനത്തിലും വന്ന് ഗോവിനെടുത്ത് ഗോവ്യവഹാരം ഗോജ്ഞാനം സജാതീയമായ പരമായ എന്ത് ഘടം സജാതീയപരപേക്ഷത്തും എവിടെ ഒരു എവിടെയും ഈ ലക്ഷണത്തിന് പോകാം സപ്തപദാർത്ഥങ്ങളിലും പോകാം സജാതിപരാനപേക്ഷത്വം ഏത് സ്ഥലത്തുനിന്ന് അതാണ് ഇതിൻ്റെ പ്രധാനമായ പ്രശ്നം പിന്നെ മറ്റൊന്ന് ഇവിടെ സ്വ വ്യവഹാരം എന്ന് പറയുന്നതിന് പകരം സ്വപ്രതിബന്ധ വ്യവഹാരം എന്ന് പറഞ്ഞു അല്ലേ വ്യവഹാരം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണോ അഭിജ്ഞ അഭിവദനം അർത്ഥക്രിയ ഇപ്പൊ പ്രകാശത്തെ പ്രകാശത്തിനും ഒരു പിന്നെ വ്യവഹാരമുണ്ട് എന്താണ് പ്രകാശിക്കുക പ്രകാശിക്കുക എന്ന് പറയുന്നൊരു വ്യവഹാരം പ്രകാശത്തിൽ ഉണ്ടോ അതായത് പ്രകാശം പ്രകാശിക്കുമ്പോൾ അതിന് ഞാൻ അറിയുന്നു ഇപ്പൊ പ്രകാശജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് വ്യവഹാരമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു അതും വ്യവഹാരമാണ് അത് പ്രകാശത്തെ കാണുന്നവനിരിക്കുന്ന വ്യവഹാരമാണ് പിന്നെ പ്രകാശത്തെ എടുക്കുക കളയുക അതൊക്കെ പ്രകാശത്തിൽ സംബന്ധിച്ച് എന്നിലിരിക്കുന്ന വ്യവഹാരങ്ങളാണ് പക്ഷെ പ്രകാശത്തിലൊരു വ്യവഹാരമുണ്ട് േ അപ്പോൾ അതിനെടുക്കുക സ്വപ്രതിബദ്ധ വ്യവഹാരം പ്രകാശസംബന്ധിയായ വ്യവഹാരം പ്രകാശിക്കുക ആ വ്യവഹാരത്തിന് സജാതീയമായ പരം പ്രകാശത്വ ജാതിയുള്ള പരം പ്രകാശം അതിനെ അപേക്ഷിക്കുന്നുണ്ടോ അപ്പോൾ സജാതീയ പരാനപേക്ഷത്വം അതിലും അപ്പ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചില്ല നമ്മൾ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അഭിവേദനാഭക്രിയ ഇത്ര എടുത്തുള്ളു ആ പറയുന്നതെല്ലാം ആരുടെ അറിയുന്നവൻ മറ്റൊരാ ഒന്നിനെ സംബന്ധിച്ച് വേറെ ജീവന്റെ വ്യവഹാരങ്ങളെ എടുത്ത് പക്ഷെ വ്യവഹാരം ജീവനിൽ മാത്രമല്ല ഓരോ വസ്തുവിനും വ്യവഹാരമുണ്ട് അപ്പോൾ അങ്ങനെയും അതിവ്യാപ്തി വരുന്നു എന്നുവെച്ചാൽ ചിതാത്മാവിന് പറഞ്ഞ ലക്ഷണം ഇപ്പം പ്രകാശത്തെ സമന്വയിച്ചു അപ്പോ അങ്ങനെയും സമന്വയിക്കുന്നുണ്ട് പിന്നെ പ്രകാശത്തെ ഞാൻ അറിയുന്നു അറിയുന്നു അറിവ് അനുസജാതീയമായ പ്രകാശജ്ഞാനം സജാതീയമായ മറ്റൊരു പ്രകാശം ഇല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ല പക്ഷേ സത്താജാതി എടുത്തു കഴിഞ്ഞാൽ സജാതീയമായ ജ്ഞാനം ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് റിയുന്നത് സത്താജാതിയുള്ള ജ്ഞാനത്തെ ആശ്രച്ചല്ലേ അറിയാൻ പറ്റുന്നുള്ളൂ അല്ലേ അപ്പം അനപേക്ഷത്വം ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏത് ജ്ഞാനത്തെ എടുത്തു കഴിഞ്ഞാലും സജാതിയെ പരാനപേക്ഷത്വം വരാം ഏതിനെടുത്താലും ചിതാത്മാ വ്യവഹാരം അല്ലേ അനപേക്ഷിത്വം ചിതാത്മാവിനെ എടുക്കുക ചിതാത്മാ എന്നുള്ള വ്യവഹാരം ജ്ഞാനം അങ്ങനെ ചിതാത്മാവിന് സ്വയം പ്രകാശമെന്നറിയുന്നതാണ് അപരോഷം എന്നറിയുന്നതാണ് സ്വപ്രകാശം എന്നറിയുന്നതാണ് ചിതാത്മവ്യവഹാരം ജ്ഞാനം സ്വ വ്യവഹാരം ചിതാത്മരം സജാതീയമായ പരം ചിതാത്മാവിൽ എന്തോ സത്ത ആത്മാവിൽ സത്തയുണ്ടോ ദ്രവ്യമായത് സജാതീയമായ പരമാണത് ഗോ അതിനെ അപേക്ഷിക്കുന്നുണ്ട് സജാതീയ പരാനപേക്ഷത്ത ഏതാനും വരാം അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ാനത്തിൽ പറയുന്നു എട്ടാമത്തെ പേജിൽ ഇതിപ്പോ മറ്റു പലയിടത്തും ആവശ്യം വരും അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് സാജാത്യം അത്യന്തം യഥാഗതഞ്ജനവ ആദ്യ പ്രതിയെ പ്രസക്തിരുക്ത ദ്ദിയെ പി അനപേക്ഷാ മാത്രം ഘടാതേരത്യസ്ഥി അപേക്ഷത്വ ആഹാ എങ്ങനെ അവ്യാപ്തി വരുന്നു എന്ന് പറയുകയാണ് സ്വപ്രതിബന്ധ പ്രകാരം സജാതീയ പരവം എന്ന് പറഞ്ഞു ഈ സജാതീയം എന്ന് പറയുന്നത് അത്യന്ത സജാതീയമാണോ അതോ യഥാഗതഞന സജാതീയമാണോ എന്നാണ് ഈ അത്യന്ത സജാതീയം എന്ന് പറയുന്നത് ോട് അത്യന്ത സജാതീയമാണ് എന്തുകൊണ്ട് രണ്ടിനും ഒരേ ജാതി ഇരിക്കുന്നുണ്ട് ഏത് ജാതി ഘടത്തും അത് മറ്റൊന്നിലും ഇരിക്കാത്ത അന്യൂന അനതിരിക്ത വൃത്തിയായ ഒരു ജാതി രണ്ടിലും ഇരിക്കുന്നു ഉണ്ടായിരുന്നു അത്യന്ത സജാത്യം മനുഷ്യനും മനുഷ്യനും തമ്മിൽ അത്യന്ത സജാത്യം അതുകൊണ്ടാണ് മനുഷ്യത്വജാതി മനുഷ്യൻ്റെ ഉള്ളു വേറെ ഒന്നിലടത്വജാതിടത്വജാതി ഇനി പ്രദീപ പ്രകാശത്തെ എടുക്ക വ്യവഹാരമായിട്ട് പ്രദീപ്രകാശം അതിനെ വ്യവഹാരമായിട്ട് എടുക്കുക സ്വപ്രതിബദ്ധ വ്യവഹാരേ പ്രദീപ പ്രതിബ അനണ്ണോടെ പ്രതിബദ്ധം ചേർക്കുക അതിനെ എടുക്കാം കാരണം പ്രദീപത്തെ ഞാൻ അറിയുന്നു അത് പ്രദീപ്രതിബദ്ധ വ്യവഹാരമുണ്ട് എന്തുകൊണ്ട് അത് പ്രദീപത്തിലല്ലേ ഇരിക്കുന്നു വ്യത്യാസമുണ്ട് അതെന്നിലായിരിക്കുന്നു പ്രതി അത്യന്തം അതിനോട് ചേർന്നിരിക്കുന്നു ഇതിനെ എടുക്കാം അത് വേറെ കാര്യം പക്ഷെ പ്രതിബദ്ധം എന്ന് പറയുമ്പോൾ പ്രദീപ വ്യവഹാരത്തെയും എടുക്കാം പ്രദീപത്തിൻ്റെ പ്രകാശത്തെയും എടുക്കാം സഹനഗതിയിൽ വ്യവഹാരമെന്ന് പറഞ്ഞാൽ അതിനെടുക്കാൻ പറ്റില്ല അഭിജ്ഞാഭിവദനം അതിനാതിജീവ വ്യവഹാരങ്ങളെടുക്കാൻ പറ്റും പ്രദീപ പ്രതിബദ്ധമായിരിക്കുന്ന വെച്ചാൽ പ്രദീപത്തിന് തന്നെ സ്വന്തമായിരിക്കുന്ന വ്യവഹാരം പ്രദീപ പ്രകാശം ആ പ്രദീപ്രകാശ എടുക്കുക അപ്പോ സജാതീയ പരം എന്ന് പറയുമ്പോ എന്തായി പ്രകാശി വ്യവഹാരമുള്ള പ്രദീപത്തെ തന്നെ എടുക്കണം വേറെന്തെടുക്കാൻ പറ്റില്ല ഘടപടാതികളെയൊന്നും പറ്റില്ല എന്തുകൊണ്ട് അത്യന്ത സാജാത്യ അതി പ്രകാശിക്കുന്ന പ്രദീപത്തിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ അത്യന്ത സാജാത്യം വരൂ പര അപേക്ഷയുണ്ട പ്രതീപം പ്രവാസിക്കുന്ന അനവേഷത്വവും ഇതൊരധിവ്യാപ്തി അത്യന്ത സാജാത്യെടുത്ത മനസ്സിലായോ അതിനോട് പറഞ്ഞ എന്താണ് ആദ്യ പ്രദീപെ പ്രസക്തി എടുക്കുക പ്രസക്തി എന്ന് വെച്ചാൽ എന്താണ് അതിവ്യാപ്തിപ്രാപ്തി പ്രദീപത്തിലൂടെ ലക്ഷണത്തിന് അതിവ്യാപ്തി അനപേക്ഷ എന്ന് പറയുന്നത് കേവലം അനപേക്ഷെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുന്നു നമുക്ക് യഥാഗതഞ്ജന സാദൃശ്യത്തെ എടുക്കാം അപ്പോൾ അവിടെ ഘടവ്യവഹാരം എന്ന് പറയുന്നത് ഘടഞ്ഞാനാണ് എന്റെ ഘടഞ്ഞാണ് പ്രതിബന്ധമെന്ന് പറയുമ്പോൾ രണ്ടും എടുക്കാം എന്റെ ഘടഞ്ഞാനത്തെ എടുക്കും അവിടെ എന്ത് വരുന്നു യഥാകഥഞ്ജിത് സാജാത്യം എന്ന് പറയുന്ന ഘടത്തിൽ സത്തയുണ്ട് ഗോവിനും സത്തയുണ്ട് ഇപ്പൊ സജാതീയ പരമായി ഗോ അതിൻ്റെ അപേക്ഷയുണ്ടാ ഇല്ല എന്തുകൊണ്ട് സത്താജാഥ അല്ലെങ്കിൽ ദ്രവ്യത്വജാതി അവിടെ വ്യവഹാരവും മാറി ആണ് അനപേക്ഷാ മാത്രം ഘടാതെ രത്യ കേവലം അനപേക്ഷെന്ന് പറയാണ് സ്വപ്രതിബദ്ധ വ്യവഹാരേ അല്ലെങ്കിൽ സ്വ സജാതീയ പര അനപേക്ഷത്വ അവന വ്യവഹാരം എന്ന് പറയുമ്പോ ഘടത്തെ സംബന്ധിച്ചുകൊണ്ട് അത് എന്തായി ഘടത്തിന്റെ ലക്ഷണമായി ഘടത്തിനെ സംബന്ധിച്ചു പോലും അപ്പൊ ഘടത്തിൽ പോകും വ്യവഹാരത്തിൽ സമന്വയിച്ചുകഴിഞ്ഞാൽ വ്യവഹാര വാനിൽ പോകുന്നു അപ്പൊ നേരത്തെ പറഞ്ഞു അപ്പൊ കടത്തിൽ പോകും കാരണം ഘടവ്യവഹാരത്തെക്കുറിച്ച് പറയുന്നു ഘടവ്യവഹാരം എന്ന് പറയുമ്പോൾ എന്തിന്റെ ലക്ഷണം ഘടത്തിന്റെ ലക്ഷം വ്യവഹാരത്തിലൂടെ കടത്തിൽ പോകും അങ്ങനെ നേരിട്ട് ഘടത്തിലല്ല സജാലീയ പര അനപേക്ഷത്വ അവന വ്യവഹാരം ഘടകത്തിൽ വന്നു അങ്ങനെയാണ് ഘടത്തിൽ പോകുന്നത് അപ്പൊ അവിടെ വന്നു അപ്പോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയും വന്നു എന്താണ് സ്വ ഉണ്ട് ചിതാത്മാവിനെ എടുക്കുക ചിതാത്മ വ്യവഹാരം ചിതാത്മാവിനെ കുറിച്ചുള്ള അവിടെ എന്ത് വരുന്നു സ്വസജാതീയപരമായിക്കോ എന്തുകൊണ്ട് രണ്ടിലും സത്യമുണ്ട് ചിതാത്മ വ്യവഹാരം സ്വസജാതീയമായ പരഗോപിനെ അപേക്ഷിക്കുന്നുണ്ടോജാതീയപര അനപേക്ഷത്വമായി ചിതാത്മവ്യവഹാരത്തിൽ വന്നു അപ്പോ സ്വസജാതീയപര അനപേക്ഷത്വ അവച്ഛിന്നമായി ചിതാത്മവ്യവഹാരം അപ്പോ അത് ചിതാത്മാവിന്റെ ലക്ഷണമായി ചിതാത്മാവായി പോയി അല്ലേ അവിടെ പോകുന്നു സ്വ സജാതീയ പര അനപേക്ഷത്വം എവിടെ വേണമെങ്കിലും പോവാം ഗോവനെ എടുക്കുക ഗോവ്യവഹാരത്തെ എടുക്കുക അന്യവ്യവഹാരമായി ഞാൻ ഗോവ സജാതിയുമായി എന്ത് ചിതാത്മാവ് ഞേ സത്യനെ സ്വ സജാതീയ പര അനപേക്ഷമാണോ അതിനെ അപേക്ഷിക്കുന്നുണ്ട് ഇല്ല ഗോവിന്റെ വ്യവഹാര ജ്ഞാനത്തിന് ഗോ മതി ചിതാത്മാവേ ഉള്ള ഏങ്ങനെ അറിയുന്നത് അതെല്ലായിടത്തും ആത്മാണല്ലോ അറിയുന്നത് ഇവിടെ ചോദിക്കുന്നതല്ല ആ വ്യവഹാരത്തിന് അതിന്റെ ആവശ്യമുണ്ടോ ഗോ എന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടാകുന്ന അത് ചിതാത്മജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടല്ലോ ചിതാത്മാവിനെ അറിഞ്ഞാലേ ഏതാത്മാവിന്റെ ഗോവിനെ എടുക്കുന്നു ഗോവിന്റെ ജ്ഞാനം എനിക്കുണ്ടാവണം ഗോജ്ഞാനം ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് സജാതീയമായ പരം ആയിട്ട് ചിതാത്മാവിനെ അറിയണം ഗോജ്ഞാനം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഘടത്തിയെടുക്കുക ഗോവന്റെ ജ്ഞാനം ഉണ്ടാവുന്നു ഗോജ്ഞാനം വെച്ചാൽ സജാതീയമായ പരമാണ് അതിന്റെ ആവശ്യമുണ്ടോ പിന്നെ ആവശ്യമുണ്ടെന്ന് പറയും എവിടെ ഇതിനെയൊക്കെ സാധാരണ കാരണമായി സ്വീകരിക്കുന്നു താർക്കീന്റെ പക്ഷത്ത് അതിനി പറയാൻ പോകുന്ന കാര്യം അവിടേക്ക് എത്തുന്നുപേ പറയാണ് സജാതീയ പര അന്വേഷത്വം അദ്വൈതത്തിൽ പറയുന്നതാണ് എല്ലാത്തിനും കാരണമാണ് ആത്മാവ് എന്ന് പറയും അദ്വൈതപക്ഷത്തിലല്ല പറയുന്നു താർക്കീയന്മാരുടെ പക്ഷത്തിൽ പറയാണ് മനസ്സായോ താർക്കീയന്മാരുടെ പക്ഷത്തിൽ പറയാണ് സ്വ്യവഹാരത്തിൽ ഒരു വിഷയത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതിന് സജാതീയമായ പര അനുപേക്ഷത്വവും വരുന്നുണ്ടോ എന്നുള്ളതാണ് അതിനെ എങ്ങനെ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഘടത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഘടത്തെ അപേക്ഷിക്കുന്ന എങ്ങനെ വിഷയത്വേന് അങ്ങനെ വിഷയത്വേന് ആത്മാവിനെ ആശ്രയിക്കുന്നു താർക്കികന്മാരുടെ പക്ഷത്താണെങ്കിൽ ആശ്രയിക്കുന്നുണ്ട് അപ്പോ എവിടെയും വരാം ദോഷം അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പടാതികളിലുള്ള അതിവ്യാപ്തി ഒഴിവാക്കുന്നതിന് ഇവിടെ എന്ത് പറഞ്ഞു അപേക്ഷാവത്വ അനധികരണത്വം എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ ഒഴിവാക്കാം അപേക്ഷാവത്വ അനധികരണത്വം അതായതിപ്പോ പ്രദീപത്തിൻ്റെ വ്യവഹാരം തന്നെ എടുക്കുക ഇപ്പൊ പ്രദീപ്രകാശത്തെ വ്യവഹാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വസംബന്ധ വ്യവഹാരേ സ്വജാതി പരാനപേക്ഷത്വം ഒന്നും വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല അതിൽ വന്നു ഘടത്തെടുത്തു കഴിഞ്ഞാൽ സ്വപ്രതിബന്ധ വ്യവഹാരേ പരം ഘടം അതിൻ്റെ അപേക്ഷയുണ്ടോ സജാതീയപര അനപേക്ഷത്തും വന്നു ഘടത്തിനും വന്നു അപ്പോ ഘടത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേണമെങ്കിൽ പറയാം എന്താണ് ഘടസംബന്ധി വ്യവഹാരേ സജാതീയമായ സത്ത സജാതീയമായ പരമായി ജ്ഞാനം അതിനെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞൂടെ ഘടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ സജാതീയപരമായി ദീപപ്രകാശം അതിനെ ആശ്രയിക്കുന്നു പറഞ്ഞുകൂടെ അപ്പൊ സജാതീയപര അപേക്ഷത്വം വന്നു അപ്പൊ ഒരു തരത്തിൽ എന്ത് വരുന്നു സജാതീയപര അപേക്ഷത്വം വരുന്നു എവിടെയും വരാ വേറെ തരത്തിൽ സജാതീയപരാനപേക്ഷത്വം വന്ന് രണ്ടും വന്നു അപ്പൊ സജാതീയപര അപേക്ഷത്വം വരുന്നുണ്ട് നിങ്ങൾ പറയണം അവിടെ ഘടവ്യവഹാരത്തിൽ സജാതീയമായ പരമായ ദീപപ്രകാശം അതിൻ്റെ അപേക്ഷം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവക്ഷം പറയും അത് വരുന്നുണ്ട് പക്ഷേ ഘടവ്യവഹാരത്തിൽ സജാതീയമായ പരമായ ഘടം അതിൻ്റെ അപേക്ഷയില്ല അതുകൊണ്ട് അനപേക്ഷത്വം വന്നു ദോഷം കാണിക്കാൻ വേണ്ടി എന്തുവരും എന്തുപറയും സജാതീയപര അനപേക്ഷത്വം കാണിക്കും മനസ്സിലായോ ഘടത്തിൽ ഘടവ്യവഹാരത്തിൽ സജാതീയപരപേക്ഷ അപേക്ഷത്വവും വന്നു അനപേക്ഷ രണ്ടും വന്നു ദോഷം നൽകുന്ന പറയുമെന്താണോ അനപേക്ഷത്വം വന്നോണ്ട് വ്യവഹാരദ്വാരാപ്തി അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എവിടെയെങ്കിലും ഒരു ദോഷം വന്ന ോഷത്തെ അംഗീകരിച്ചേ വിട്ടു എത്ര ഭാഗങ്ങളിൽ ദോഷം വന്നില്ലെങ്കിലും ലക്ഷ്യത്തിൽ ലക്ഷണം പറഞ്ഞു ലക്ഷ്യത്തിൽ എല്ലായിടത്തും ലക്ഷണം പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു സ്ഥലത്തുകൂടി ലക്ഷണം പോയാൽ അതിവ്യാപ്തി ഒരു സ്ഥലത്ത് പോയാൽ സജാതീയപര അനപേക്ഷത്വം ഘടത്തിലില്ല സജാതീയമായ പരമായ ഘടത്തെ ഘടവ്യവഹാരം അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ സജാതീയ പരമായ പ്രകാശത്തെ അപേക്ഷിക്കുന്നു ഘടജ്ഞാനം ഘടജാനത്തിന് വേറൊരു ഘടത്തിൻ്റെ ആവശ്യമുണ്ട് ഏ ആ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു എന്ന് പറയാം കാർക്കികമാരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ജ്ഞാനം വ്യവസായം ഞാനുണ്ട് അനുവ്യവസായം ഞാനുണ്ട് എവിടെയെങ്കിലും അവർക്ക് ഉദാഹരണം കാണിക്കാം പിന്നെ സ്മൃതി എടുക്കാം പല ജ്ഞാനങ്ങളുണ്ട് കണ്ട ജ്ഞാനത്തിന് സ്മൃതി കാരണമെന്ന് പറഞ്ഞാൽ എന്തി പറഞ്ഞൂടെ അങ്ങനെയൊക്കെ സജാതീയ പരാനപേക്ഷ ജ്ഞാനത്തിനും വരാം അപ്പോൾ ദോഷം കാണിക്കാൻ വേണ്ടിയിട്ട് എവിടെയും കാണിക്കാം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ലക്ഷണം പോയാൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ സജാതീയ പരവെന്നുള്ളിടത്ത് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ ദോഷം വരുന്നത് അതങ്ങനെ തന്നെ നിറത്തിക്കൊണ്ട് സജാതീയ പര അനപേക്ഷത്വം അവിടെ പരിഷ്കരിക്കുകയാണ് അതിനാൽ ഇവിടെയെന്ന് പറഞ്ഞത് അപേക്ഷാവത്വ അനധികരണത്വം അങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഘടത്തെ തന്നെ എടുക്കുക സജാതീയപരമായി മറ്റൊരു ഘടം സജാതീയപരത്തെ ഘടവ്യവഹാരം അപേക്ഷിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഘടക്യവഹാരത്തിൽ ും വരും കാരണം സജാതീയ പരത്തെ വ്യവഹാരം അപേക്ഷിക്കുകയാണെങ്കിൽ ധികരണമാകും വ്യവഹാരം ഇവിടെ പറയുന്നത് എന്നുവെച്ചാൽ സജാതീയ പര അപേക്ഷാ തത്വം വരും വ്യവഹാരത്തിൽ സജാതീയ പര അപേക്ഷ ഒന്നാകും അത് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊരും അപേക്ഷാതി വരുന്നു എന്ന് പറയും അപേക്ഷ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്ത് പറയും അപേക്ഷാ വത്വം വന്നെന്ന് പറയും വ്യവഹാരത്തിൽ വ്യവഹാരം സജാതീയമായ പരത്തെ അപേക്ഷിക്കുന്നു അപ്പം വ്യവഹാരത്തിൽ സജാതീയപര അപേക്ഷ വന്നു അപേക്ഷയാണ് പറയുന്നത് എന്താണ് അപേക്ഷാവത്വം ഗന്ധവത്വെന്നും ഗന്ധമൊന്നും പറഞ്ഞാൽ ഒന്ന് വ്യവഹാരത്തിൽ എന്ത് വരുന്നു സജാതീയ അപേക്ഷ വന്നു ആദ്യം അത് വരുന്നു എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ അപേക്ഷാത്വം ഈ അപേക്ഷാത്വം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ധർമ്മമാണ് അതെവിടെ വന്നു വ്യവഹാരത്തിൽ വന്നു അപ്പൊ സജാതീയ പര അപേക്ഷത്വ അധികരണമായി എന്ത് വ്യവഹാരം സജാതീയ പര അപേക്ഷാപത്വിക അധികണത്വം ഒന്ന് ഇല്ലേ ഇനി നോക്കുക ഘടജാനം സജാതീയപരമായി പ്രകാശം അപ്പൊ ഘടഞാനം പ്രകാശത്തെ അപേക്ഷിക്കുന്നുണ്ടോ അപ്പൊ സജാതീയപര അപേക്ഷ ഘടജാനമായ വ്യവഹാരത്തിലുണ്ടാ സജാതീയമായ പരമായി ദീപം ദീപത്തെ ആശ്രയിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയണം ദീപത്തെ ആശ്രയിക്കുന്നു ദീപം കൊണ്ട് ഘടത്തെ കണ്ടിട്ടാണ് ഘടത്തെ അറിഞ്ഞത് ഇപ്പൊ പരമാണ് രണ്ട് ഘടവും ദീപവും രണ്ടും സജാതീയ പരമാണ് അപ്പോ അവിടെ ീപം സജാതീയ പരം ഘടനമാണ് വ്യവഹാരം ഘടനം സജാതീയമായ പരമായ ദീപത്തെ അപേക്ഷിക്കുന്നുണ്ടോ ഉണ്ട് അപ്പോ സജാതീയ പരദ്വീപ അപേക്ഷാപത്വം എവിടെ വന്നു വന്നു അപ്പൊ ഘടത്തിൽ എന്തുവന്നു സജാതീയ പര അപേക്ഷാപത്വ അധികരണത്വം ആഘവ്യവഹാരത്തിൽ സജാതീയ പര അപേക്ഷാപത്വ അധികരണത്വമെന്ന് നമ്മളിപ്പോ ലക്ഷണം എന്താ പറയുന്നത് സജാതീയ പര അപേക്ഷാപത്വ അനധികരണത്വം അല്ലേ അപ്പോ അതാണ് നമ്മൾ ലക്ഷണം പറഞ്ഞത് കേവലം സജാതീയ പര അപേക്ഷന്നല്ല ലക്ഷണം പറഞ്ഞപ്പോ സജാതീയപര അപേക്ഷ അനധികരണത്വം വരെ പറഞ്ഞു അപ്പൊ ഇവിടെ എന്തു വന്നോ അധികരണത്വം വന്നു അപ്പൊ അത് വന്നാ പോരാ എന്ത് കിട്ടണം സജാതീയപര അപേക്ഷ അനധികരണത്വം ഇനി ഘടഞ്ചാനത്തേക്ക് പോവോ ലക്ഷണം ഇല്ല എന്തുകൊണ്ട് ഘടഞാനത്തിൽ സജാതീയ പര അപേക്ഷാധികരണത്വം അപേക്ഷാ വത്വ അധികരണത്വം മനസ്സിലായോ നമുക്ക് ലക്ഷണം എന്തോ അത് തന്നെ സമന്വയിക്കണം സജാതീയ പര അപേക്ഷാവത്വ അനധികരണത്തോട് വേണ്ടത് അത് വരേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു വരുന്നു സജാതീയ പര അപേക്ഷ അധികരണത്വം വരുന്നു അത് വരാൻ പാടില്ല കാരണം അനധികരണത്വം മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ അപ്പം അധികരണത്വം വന്നു കഴിഞ്ഞാൽ അത് അനധികരണത്വത്തിന് വിരോധിയാണ് അപ്പോൾ അത് സ്വീകരിക്കാൻ പാടില്ല അപ്പൊ സജാതീയപര അപേക്ഷ എന്ന് പറയുന്നിടത്ത് സജാതീയപര അപേക്ഷാപത്വ അനധികരണത്വം എന്ന് പറയുമ്പോൾ നമുക്കെന്നെ ക്ഷണജ്ഞാനമായ വ്യവഹാരത്തെ എടുത്തിട്ട് ഇവിടെയും സജാതീയപര അനപേക്ഷത്വം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവിടെ സജാതീയപര അനപേക്ഷത്വം ഉണ്ടെങ്കിലും സജാതീയപര അപേക്ഷാവത്വം അനധികർണത്വമില്ല ഉണ്ടോ എന്തു പറയുന്നു അത് വേണം അല്ല അവിടെ സജാതീയ പര അപേക്ഷാത്വം അധികരണത്വം ഉണ്ടോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ പറഞ്ഞത് വേണ്ടേ മറ്റെന്തെങ്കിലും അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ വ്യവഹാരത്തിൽ വ്യവഹാരത്വമോ എന്തൊക്കെ ഇരുന്നാലും ശരി നമ്മള് പറയുന്നത് ഇതവിടെ ഉണ്ടോ എന്ന് നോക്കാനാണോ എന്താണോ സജാതീയപര അപേക്ഷ അത് വരുന്നില്ല അത് കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ ജ്ഞാനമാകുന്ന വ്യവഹാരത്തിൽ പോകത്തില്ല അപ്പം കൂടെ നീട്ടി പറഞ്ഞു ദോഷം പരിഹരിച്ചു അപ്പോ എന്താണ് സ്വപ്രതിബദ്ധാരീയ സ്വസജാതീയ സ്വസജാതീയ പരേക്ഷ അനധികരണത്വിന്നം വരണം എവിടെ സ്വ്യവഹാരത്വം അത് വരുന്നുണ്ടോന്നു അപ്പോ ലക്ഷണം എന്താവും സ്വ സജാതീയ പര അനപേക്ഷത്വ അപേക്ഷത്വ അപേക്ഷാവത്വ അനധികരണത്വിന്ന സ്വപ്രതിബദ്ധ വ്യവഹാരം ആ വ്യവഹാരമാണ് ഇവിടെ ലക്ഷം മനസ്സിലായോ സ്വസജാതീയ പര പര അപേക്ഷരണത്വഛന്നതിബദ്ധ വ്യവഹാരം എന്നു പറഞ്ഞത് അപേക്ഷത്വം അനധികരണത്വം അങ്ങനെ എടുക്കും ആ അനപേക്ഷന്നുള്ളതിനും അതിന്റെ സ്ഥാനത്ത് എന്തെടുത്തോ അപേക്ഷ എടുത്തു എന്നിട്ട് അപേക്ഷാവത്വം അനധികരണത്വം എടുത്തു നോക്കിയപ്പോൾ അതി അത് വരുന്നില്ല വേറെ പലതും വന്നുണ്ടല്ലോ അധികം എന്താണ് അപേക്ഷാ വത്വ അധികരണത്വം വരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇതുണ്ടോന്ന് നോക്കുക ഞങ്ങൾ പറയുന്ന ഇതാണ് എന്താണ് അപേക്ഷ അനധികരണത്വം അത് വരുന്നില്ലെങ്കിൽ ലക്ഷം സജ്ജയിക്കില്ല ഇപ്പൊ ഘടക്യവഹാരത്തിൽ ലക്ഷണം സമന്യിക്കുന്നുണ്ടോ ഏ അതാണ് നിങ്ങളുടെ ജോലി ഇനി സമന്യിക്കുന്നു നോക്കുക പൂർണ്ണമായി സമന്യിച്ചാ ഇവിടെ നിർത്താം സമന്വയിച്ചില്ലെങ്കി മുമ്പോട്ട് പോണം അത് അതൊക്കെ എടുത്തിട്ട് നോക്കുക എല്ലാം ശെരിയാവുമെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം ശരിയായില്ലെങ്കിൽ മുമ്പോട്ട് പോവാം ഇടം പൂർണ പൂർണമായ പൂർണമേവാശിഷ്യത്തെ ഓ ശ്രീഗുരുഭ്യോ നമ ഹരി